നിങ്ങൾ അനുഭവിക്കുന്നുവെന്നൊരു തോന്നലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ കയ്യടിയവൻ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആന്തരിക ഘടനകളിൽ രോഗം സർജനം ചെയ്ത് കടന്നു പോവുകയാണവെങ്കിൽ രോഗവും ശാസ്ത്രത്തിന് വൈകാരികതയില്ല ശാസ്ത്രം കേവലമായ സത്യമാണ് ഒരു രോഗിയെ രോഗത്തിൻ്റെ തലങ്ങളിലല്ല അവതരിപ്പിക്കുന്നത് ആ രോഗം മറഞ്ഞു പോവുകയും അവന്റെ വിഷമതകളെ മുഴുവൻ കാണിക്കുകയും അവനോട് ക്രൂരത കാണിക്കുന്ന പരിചാരകൾ ആശുപത്രി ഉടമസ്ഥർ വിഷഗ്വരന്മാർ മുതലായവരെ ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിറങ്ങുന്ന നിങ്ങളൊരു ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് പദമൂന്നി എത്തുന്നത് ശങ്കകളുടെ പ്രമാണങ്ങളുമായാണ് അവിടെ നിങ്ങളുടെ മേലുള്ള ചികിത്സ പരാജയപ്പെടുന്നു എന്നതിനപ്പുറം അത് ഉളവാക്കിയ വികാരത്തിൻ്റെ ഭയവും അതുണ്ടാക്കുന്ന സർജന പ്രക്രിയയും നിങ്ങളെ ഭയാശങ്കകളിലേക്ക് തള്ളിയിടുമ്പോൾ രക്ഷയില്ലാത്ത രോഗാതുരമായൊരു സാമൂഹികതയിലേക്ക് സമൂഹമൊന്നാകെ പോകാൻ അതിടയാക്കുന്നു ഒരു മനഃശാസ്ത്രജ്ഞന്റെയോ ഒരു നരവംശാസ്ത്രജ്ഞന്റെയോ ഉത്തമനായ സമഗ്രമായി ചിന്തിക്കുന്ന ഒരു ഭരണാധികാരിയുടെയോ അവസ്ഥാന്തരങ്ങളൊന്നും ജനാധിപത്യത്തിന് ഇല്ലാതാകുമ്പോൾ ഇതിൻ്റെ പരിപ്രേക്ഷണങ്ങൾ അത്രയും ജനതയെ ദുഃഖത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുവാൻ പര്യാപ്തമാണെന്ന് നിങ്ങളിൽ പലരും ഇങ്ങനെ കാശുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച് സ്വന്തമാക്കി ഈ സാധനം പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുവോ വീണ്ടും നിങ്ങൾ കാശ് മുടക്കി ഇത് വർദ്ധിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റർ ഡോസ് അടിച്ചോണ്ടിരിക്കുക ശരിയല്ല ഏ രോഗം നേടി എന്നാ പോകാനുള്ള മരുന്ന് കഴിക്കാൻ പോയിരിക്കുകയാണ് എന്നാ ഇനി ഈ കുണ്ടാ വണ്ടി ഒന്നും കാണണ്ട വിചാരിക്കുവോ ഏ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴേ തൃപ്പൂണിത്തറ എവിടെയാണ് കാസറ്റ് കിട്ടുന്നെന്ന് നോക്കി അത് മേടിച്ചു കൊണ്ടുപോയി ആദ്യം ചൂടോടെ കാണും ഇതേ കുഴപ്പങ്ങളല്ല ശരിയല്ല എന്നിട്ട് ലോകം മോശമായതിനെ വിലപിക്കുകയും ചെയ്യും ശരിയല്ല ഏ മറ്റേത് പണിക്കും ഇരിക്കാൻ വയ്യാത്ത നിങ്ങൾ അനങ്ങാൻ വയ്യെങ്കിലും രണ്ടു മണിക്കൂർ ഇതിന്റെ മുമ്പ് ശരിയല്ല അത്രയൊന്നും ഇരിക്കില്ലേ രണ്ടു മണിക്കൂറിനാലേ മുഴുവൻ കാണാൻ പറ്റുള്ളൂ രണ്ടു മണിക്കൂർ ഉണ്ടാവും ഒരു പടം അല്ലേ രണ്ടു മണിക്കൂറെങ്കിലും ഉണ്ടാവൂല്ല ആരോചിച്ചാൽ വിചിത്രമായി രോഗം അപ്പൊ അതുകൊണ്ട് ആതുര സംഭാവനയിൽ ഇതെല്ലാം കടന്നു വരുമ്പോൾ പ്രാചീനൻ പറഞ്ഞത് അതിന്റെ സമഗ്രമായൊരറിവ് നേടി വേണം കലാകാരൻ ഇത് അവതരിപ്പിക്കാൻ സാഹിത്യകാരൻ ഇത് അവതരിപ്പിക്കാൻ കലാകാരനും സാഹിത്യകാരനും ഭരണാധികാരിക്കും അറിവ് സമഗ്രമായിരിക്കണം ഒട്ടെല്ലാ അറിവും വേണം മനസിലായില്ല ദൗർഭാഗ്യം എന്ന് പറയട്ടെ ജനാധിപത്യത്തിൽ സാഹിത്യകാരന് ക്വാളിഫിക്കേഷൻ വേണ്ട ഭരണാധികാരിക്കാരിക്കും വേണ്ട മനസ്സിലായില്ല ക്വാളിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ വേണ്ട രണ്ടു പേർക്കും വേണ്ട ആ സംവിധാനത്തിന്റെ പേരാണ് ജനാധിപത്യം അത് ഉള്ളിടത്തോളം കാലം രോഗത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടില്ല രോഗങ്ങളെല്ലാം ഈ രീതിയിൽ സാമൂഹികമാകാറില്ല ഈ രീതിയിൽ പടരാറില്ല ീ രീതിയിൽ ആവിർഭവിക്കാറില്ല മറ്റൊരു വൈയക്തികമാ രോഗം ഏത് രോഗമെടുത്താലും ജനപദംസകങ്ങളാകുന്ന കാലങ്ങൾ ഒഴിച്ചാൽ രോഗം പടർന്നു പിടിക്കാറില്ല ഇന്ന് ചുറ്റുമുന്ന് കണ്ണോടിച്ചാൽ എല്ലാ രോഗവും പടർന്നു പിടിച്ചു നിൽക്കുക ജനസംഖ്യയുടെ ഒരു അനുപാതം എടുത്താൽ നിങ്ങളുടെ അഞ്ചും പത്തും വയസ്സിൽ എത്ര പേർക്ക് നിങ്ങളുടെ വീടിരിക്കുന്ന ചുറ്റളവിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്ഥലം നിങ്ങൾക്കെന്ന് അറിയുമെങ്കിൽ അന്ന് അത്രയൊക്കെ അറിയുള്ളൂ നിങ്ങൾക്ക് അഞ്ചോ വയസ്സുള്ളപ്പോൾ ഒരു കിലോമീറ്റർ നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഏതാണ്ട് അറിയുന്ന ആളുകളൊക്കെ ഉള്ളൂ ഇന്നതിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു ഇന്നൊരു ബന്ധു അമേരിക്കയിൽ ഉണ്ടെങ്കിൽ വരെ അറിയും അത് സമ്മതിക്കുന്നു അറിവൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് ഇങ്ങോട്ട് ചിലപ്പോൾ മൊബൈൽ വിളിക്കും ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വിളിക്കും ഇതെല്ലാം സമ്മതിച്ചു പക്ഷേ അന്ന് ഈ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്ന ആ ജനസംഖ്യ ആനുപാതികമായുണ്ടായ ക്യാൻസർ പ്രമേഹ പ്രഷർ ഇവയുടെ എണ്ണവും ഇന്ന് പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ജനസംഖ്യ ആനുപാതികമായി ഞാൻ വളരെ ആസൂത്രിതമായ പറയുന്ന തെറ്റരുത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ജനസംഖ്യ ആനുപാതികമായി കാരണം നിങ്ങൾ ഉടനെ കയറി ഞാൻ പറഞ്ഞ പദങ്ങൾ ഓർക്കാതെ പറയും അന്ന് ജനസംഖ്യ ഇത്രയല്ലൊരു സമി അതുകൊണ്ടാണ് കുറഞ്ഞത് അത് പറയാതിരിക്കാനാ ജനസംഖ്യ ആനുപാതികമായി അന്നത്തെ ക്യാൻസർ ഇന്നത്തെ ക്യാൻസർ അന്നത്തെ പ്രമേഹം ഇന്നത്തെ പ്രമേഹം അന്നത്തെ പ്രഷർ ഇന്നത്തെ പ്രഷർ അന്നത്തെ ലിവർ സിറോസിസ് ഇന്നത്തെ ലിവർ സിറോസിസ് ഇങ്ങനെ അങ്ങോട്ട് രോഗങ്ങളെ നോക്കിയാൽ അവ ജനസംഖ്യ ആനുപാതികമായി അല്പം പോലും വർധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നന്നായി കുറഞ്ഞിട്ടുമുണ്ട് ഞാൻ പറഞ്ഞത് പറയാം എന്റെയും നിങ്ങളുടെയും ഒക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നേക്കൊരു നാല്പത് മുപ്പത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അൻപത് അറുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ എഴുപത് എൺപത് കൊല്ലം മുമ്പ് അതിൽ കുറഞ്ഞു പ്രായമുള്ളവരിപ്പില്ല ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കൊച്ചു പിള്ളേര് മാത്രമാണ് അവരെ വിടാം മനസ്സിലായില്ല ആ കാലങ്ങളിൽ ഒരമ്പത് കൊല്ലത്തിനപ്പുറം ഒരു എഴുപത് കൊല്ലത്തിനപ്പുറം ഒരു അറുപത് കൊല്ലത്തിനപ്പുറം ഇന്ന് അറുപത്തഞ്ചുള്ളവന് ഒരു അറുപത് കൊല്ലത്തിനപ്പുറം ഇന്ന് ആ അമ്പത് ഉള്ളവന് ഒരു നാൽപ്പത്തഞ്ച് കൊല്ലത്തിനപ്പുറം അഞ്ചു വയസ്സിലോർമ്മയൊക്കെയുള്ള കാലങ്ങളിൽ അവൻ ഓടി നടക്കുന്ന പ്രദേശങ്ങളിൽ എത്ര ക്യാൻസർ രോഗികളെ പരിചയപ്പെട്ടു അവന്റെ അന്നത്തെ വിസിലിറ്റിയെ എടുത്ത് ഇന്നും പഠനാത്മകമായൊരു സാമ്പിളാ എടുത്താൽ അവൻ്റെ ഇന്നത്തെ പരിചയം വിപുലപ്പെട്ട് എല്ലായിടവും എടുക്കണ്ട അവൻ്റെ ആ വിസിലിറ്റിയെ മാത്രം എടുത്ത് അതിനെ ജനസംഖ്യാനുപാതികമായി അന്ന് ചിന്തിച്ച് ഉള്ള ക്യാൻസറും പ്രഷറും പ്രമേഹവും ഇതര രോഗങ്ങളും എല്ലാം ഉള്ളതിൻ്റെ ഏതാണ്ടൊരു ചിത്രം മനോമുരത്തിൽ എടുത്തിട്ട് ഇന്ന് വൈദ്യശാസ്ത്രം വികസിച്ച ജനാധിപത്യം വികസിച്ച സാഹിത്യം വികസിച്ച കല വികസിച്ച പരിഷ്കൃതാശയന്മാരായി തീർന്ന നൂറ് സാക്ഷരർ നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ എന്റെയും നിങ്ങളുടെയും നാട്ടിൽ കേരളത്തിൽ എൻ്റെ ആ വിസിനിറ്റിയിലെ അന്നത്തെ ജനസംഖ്യാനുപാതികമായി ഈ രോഗത്തെ കണ്ടതും ഇന്ന് കാണുന്നതുമായി തട്ടിച്ചു നോക്കിയ ഈ പുരോഗതിയുടെ ദശകത്തിൽ രോഗങ്ങൾ നന്നേ കുറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് തന്നെ പറയാം സ്റ്റേറ്റ്മെന്റ് ഇനി പറയരുത് ഞാനാ പറഞ്ഞു ഞാൻ തിരിച്ചാ പറഞ്ഞേ നിങ്ങൾ അതിനെ വിപരീതം പറയുകയാണ് നിങ്ങളാണ് പറഞ്ഞത് എന്തുകൊണ്ട് കാണുന്നു എന്നതിനേക്കാൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പൊ അന്നില്ലായിരുന്നു എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് അങ്ണ്ടായിരുന്നെങ്കിൽ അറിവില്ലാത്ത അന്ന് ഉള്ളതിനെ അറിവ് വരുമ്പോൾ കല വികസിക്കുമ്പോൾ സാഹിത്യം വികസിക്കുമ്പോൾ സർഗശക്തി വികസിക്കുമ്പോൾ മനുഷ്യന്റെ ഔട്ട്ലെറ്റുകൾ വികസിക്കുമ്പോൾ മനുഷ്യന്റെ കൂട്ടായ്മകൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കുള്ള ചികിത്സാ സങ്കേതങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇന്നലത്തെ പീഡിപ്പിക്കുന്ന രാജഭരണം പോയി സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യം വരുമ്പോൾ ഒക്കെ കുറയേണ്ടതാണെങ്കിൽ അങ്ങനെയൊന്നും കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല യും ചെയ്തുെങ്കിൽ ഈ യാത്ര ആപാധ യാത്രയാണ് ശരിയല്ല ശരിയാണെന്നാണ് സമ്മതിക്കാൻ വരാ എന്നാൽ ശരിയാണ് ഇത്ര മാത്രമേ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതിന്റെ സംഭാവന വളരെ വലുതാണ് സാഹിത്യം കലാ വിദ്യാഭ്യാസം ശാസ്ത്രം എന്ന പേരിൽ അഴിഞ്ഞാടുന്ന രംഗങ്ങളുടെ മുഴുവൻ സംഭാവന യാത്രയിൽ വളരെ വലുതാണ് ഇവയെല്ലാം മനുഷ്യനിൽ ആധ്യാത്മികവും ആധിഭൗതികവും ആധി ദൈവികളുമായ ദുഃഖങ്ങളെ വർദ്ധിപ്പിക്കുന്നു അതിലുപരി ചില മാതൃകളില് ശാസ്ത്രവത്യങ്ങളാണെന്ന് മാറി കൊണ്ട് ശാസ്ത്രവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ തന്നെ ശാസ്ത്രരീതികൾ എഴുതുന്നത് എനിക്ക് കാരണം അയാളുടെ പേര് വെച്ചിട്ട് ഡോക്ടറുടെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ വൈദ്യുതി പേര് വെച്ചിട്ട് ഇതൊക്കെയാണ് ശാസ്ത്രം ഇപ്പൊ പറഞ്ഞാൽ കാരണം നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് വായിക്കേണ്ടത് ആവശ്യമാണ് ഞാനൊരു പത്രം നടത്തുന്നു ഞാനതിൽ എഴുതുന്നു ഞാനതിൽ എഴുതുന്ന കലയെക്കുറിച്ചെഴുതുന്നു ഞാനതിൽ എഴുതുന്ന സാഹിത്യത്തെ കുറിച്ച് എഴുതുന്നു ഞാൻ ഞാൻ അതേ തന്നെ സിനിമയെ കുറിച്ച് എഴുതുന്നു ഞാൻ അതേ തന്നെ നാടകത്തെ കുറിച്ചെഴുതുന്നു അതേ തന്നെ ആയുർവേദത്തെ കുറിച്ചെഴുതുന്നു ആ അലോപ്പതിയെ കുറിച്ച് എഴുതുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എഴുതുമ്പോൾ അതിന്റെ ശാഖകളിലുള്ളവർക്ക് കൊണ്ടുപോയി ചില്ലറ കൊടുത്താൽ മതി അതെ അത് ശാസ്ത്ര സത്യങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടി നിങ്ങൾ വായിക്കുന്നതുകൊണ്ടല്ലേ മനസ്സിലായില്ല കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഒരു സാധനം വായിച്ചു നോക്കിയാൽ അത് ശാസ്ത്രമാണോ അല്ലയോ എന്ന് സ്പഷ്ടമായി അറിയാം മനസ്സിലായില്ലേ അത് ശാസ്ത്രമാണോ അല്ലയോ എന്ന് വളരെ സ്പഷ്ടമായ അറിയാം അതിൽ കോമൺ സെൻസ് മതി അതിന് ശാസ്ത്രം വേണ്ട അതിനൊരുപാട് ശാസ്ത്രകർത്തങ്ങളിലൊന്നും പോയി വേണ്ട ഒരു സാമാന്യം കോമൺ സെൻസ് ഉണ്ടെ കേൾക്കുമ്പോ അറിയാം ഈ പറയുന്നതിൽ കഴമ്പുണ്ടോ ഇല്ലയോ മനസ്സിലായില്ല ഏ ആ സാധനം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് സ്കൂളിൽ പോയപ്പോ പണയം വെച്ച് ചോറുണ്ടവരാണെങ്കിൽ അവന്റെ കാര്യം പോക്കാണ് അവനെ പറഞ്ഞിട്ട് കാര്യം ഇരിക്കുന്നെ മനസ്സിലായില്ല അവൻ ഇതൊക്കെ വായിച്ച് മുടിയണം നിങ്ങൾ സ്കൂളിൽ പോയപ്പോ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വികാസവും നിങ്ങളുടെ ചിന്തയും നിങ്ങൾ പണയപ്പെടുത്തി അത് പണയപ്പെടുത്തിയപ്പോഴാണ് നിങ്ങൾ ടൈ കെട്ടിയത് അത് പണയപ്പെടുത്തിയപ്പോഴാ നിങ്ങൾ ബൂട്ടിട്ടത് മനസ്സിലായില്ല അത് നിങ്ങളുടെത് പണയപ്പെടുത്തിയപ്പോഴാ നിങ്ങളുടെ തന്തയും തള്ള ഇത് ഭൂമധ്യരേഖയോട് അടുത്തുകിടക്കുന്ന ഒരു രാജ്യത്തെ ഉഷ്ണമേഖല സമ്പ്രദായത്തിനകത്ത് ടെറീനും ടെറികോട്ടനും അടങ്ങുന്ന വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ വരെയായി ഉടുപ്പിച്ച് അതിന്റെ പുറത്തു അയ്യും കെട്ടി മുറുക്കി വിടുന്ന സമയത്ത് തൻ്റെ ബുദ്ധി പണയം വെക്കാത്ത ഒരു തന്തയും ആ വേഷം കെട്ടാൻ സമ്മതിക്കില്ല മനസ്സിലായില്ല മനസ്സിലായില്ല ആദ്യം അത് പണയപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ കിക്കിരി വാങ്ങിച്ചത് നിങ്ങൾ അനുഭവിക്കണം മനസിലായില്ല മനസിലായില്ല വേർത്തൊളിയിക്കുന്ന മനുഷ്യൻ അവന്റെ കുഞ്ഞിനെ ഇത്രയും കെട്ടി രാവിലെ വിട്ടാൽ ആ മുറിക്കകത്തിരുന്ന് വേർക്കുമെന്നറിയാവുന്നവൻ ശരിയല്ല ശരിയല്ല അതാണ് നിങ്ങളുടെ ഭാഷയുടെ വൈകല്യം ശരിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ പക്ഷേ ഉള്ളതെന്ന് ശരിയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ പക്ഷേ ഉള്ള ഭാഷ പോലും നിങ്ങൾ വല്ലാതെ കളഞ്ഞു കുളിക്കുന്നു ശരിയാണ് പക്ഷേ പിന്നെങ്ങനെ പക്ഷേ ഞാൻ പോണമെന്നൊന്നും പറഞ്ഞില്ല ശരിയിലേക്ക് പോണമേ പറഞ്ഞുള്ളൂ ഞാൻ പ്രാചീനതയിലേക്ക് പോകാനും പറഞ്ഞില്ല ആധുനികതയിലേക്ക് പോകാനും പറഞ്ഞില്ല ഇനി ഇതിലേക്ക് പോകണമെന്ന പദമേ ഞാൻ ഉപയോഗിച്ചില്ല ശരി പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ പോണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് പോകാതിരുന്നാലാണ് നിങ്ങൾക്ക് സുഖമെങ്കിൽ പോകാതിരിക്കാം മനസ്സിലായില്ല കാരണം ഫലം നിങ്ങളല്ലേ അനുഭവിക്കുന്നത് അതിന് ഞാനെന്തിന് വിഷമവൃത്തത്തിലാകണം ഞാനിത് രസകരമായി പറഞ്ഞതാണ് നിങ്ങളുടെ വികാരങ്ങളൊന്നറിയാൻ കൂടി അതുകൊണ്ടാണല്ലോ പക്ഷേ അറിഞ്ഞേ എനിക്ക് ഏതായാലും അണിയിൽ ചുരുക്കാനും തൈ കെട്ടാനും പിള്ളേർ അപേക്ഷിക്കേണ്ടതാണ് അറിയാതെയോ അതിൽ നിന്നൊക്കെ തൽക്കാലം രക്ഷയിലോട് ഇവനെ തൈ കെട്ടി വിടണം എന്ന് പറഞ്ഞ ഒരാളൊന്നും പറയാനും ഇല്ല കെട്ടിക്കില്ല ഞാൻ പറയാനും തർക്കിക്കാനോ ഒന്നും നേരം ഇല്ല നിങ്ങളിപ്പൊ ഇവിടുന്ന് തീരുമാനം എടുത്ത് ചെന്ന് അവിടെ ചെന്ന് തയ്യ്ക്കാൻ നോക്കിയാൽ മറ്റേ അങ്ങേ കയ്യെ പിടിച്ച് ഞാനിങ്ങനെ തൈ കെട്ടിച്ചു വിടും താൻ ആരോടും കെട്ടിക്കാതിരിക്കാൻ എന്ന് ചോദിക്കും അതുകൊണ്ട് വഴക്കിനൊന്നും പോകണ്ട ശരിയല്ല തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ സാമൂഹിക ക്രമങ്ങളിൽ നിങ്ങളുടെ രോഗങ്ങൾ വരുന്നത് രോഗങ്ങൾ വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട തളം ചൂണ്ടിക്കാണിച്ചു ഉള്ളൂ അപ്പൊ ദുഃഖത്തിന് ദുഃഖമാണ് പാപമാണ് രോഗമെന്ന മായ ചിന്തയെ വെച്ച് ദുഃഖ സംയോഗമാണ് രോഗമെന്ന ഏക കാരണത്തെ ആസ്വദമാക്കി സുശ്രുതൻ ദുഃഖത്തെ അവഗ്രഹിക്കുമ്പോൾ ആധ്യാത്മിക ദുഃഖങ്ങൾ ആദി ഭകങ്ങൾ ആദിദൈവികൾ അതിലെ ദുഃഖത്തിൽ ആദിബലപ്രവൃത്തങ്ങളായ ദുഃഖങ്ങൾ ക്യാൻസറിലൊക്കെ അത് വളരെ പ്രധാനമാണ് ആദിബല പ്രവൃത്തം പ്രവൃത്തമല്ല പ്രവൃത്തം പ്രവർത്തിക്കുന്നത് ആദിബല പ്രവൃത്തങ്ങളായ രോഗങ്ങൾ ഇത് പഴയ കാരണവന്മാരെ വീട്ടിലുണ്ടെങ്കിൽ മരിച്ചു വീട്ടിലെങ്കിൽ അവർക്ക് നല്ല കാണാപെടമായിരിക്കും നല്ല ഓർമ്മയുണ്ടാവും അവര് പറയും പമ്പിള്ളേര് ഗർഭിണി അല്ലാമോ പറയും മുളെ മര്യാദയ്ക്ക് ഇരിക്കണം പറയും അതുപോലെ തന്നെ വെള്ളമൊക്കെ അടിച്ചിട്ട് വന്ന് പഴക്കമൊക്കെ കഴിയുമ്പോൾ വെല്ലിയമ്മമാര് മോളോട് പറയും മുള ഇരുന്നു നീ പോയി അവിടെ കിടക്കണ്ട ഇന്ന് നീ എൻ്റെ മുറി കിടന്നാ മതി ഗോപാലകൃഷ്ണ അവൾക്ക് ഇന്ന് തൊട്ട് കൂടാതിരിക്കുകയാണ് അതുകൊണ്ട് അവളിപ്പുറത്തെ മുറി കിടന്നോട്ടെ കാരണം വല്യമ്മ പറയും ഇടീ നല്ല പൂസാണ് ഇന്നൊരു കുട്ടി ഉണ്ടായാൽ അതിനെ അവസ്മാരം നിൽക്കാൻ വഴിയില്ല മനസിലായില്ലേ കഴിടില്ല കേടില്ല ഉണ്ട് അതായത് പിതാവിന്റെ ബീജത്തിൽ നിന്ന് ബീജഭാഗത്തിൽ നിന്ന് ബീജഭാഗ അവയവത്തിൽ നിന്ന് വരാവുന്ന രോഗങ്ങൾ മാതാവിന്റെ ബീജത്തിൽ നിന്ന് അതായത് അണ്ടത്തിൽ നിന്ന് മാതാവിൻ്റെ അണ്ടഭാഗത്തിൽ നിന്ന് മാതാവിൻ്റെ അണ്ടഭാഗാവയവത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന രോഗങ്ങൾ മാതൃജം പിതൃജം എന്റെ ഭൂമി എന്ന് പറയുന്നത് മറ്റു ജീവികളെ പോലല്ല മറ്റ് ജീവികള് തിന്നുക കുടിക്കുക രമിക്കുക അതോടെ ചത്തുവും അത് വലിയ ഉപദ്രവമൊന്നുമില്ല മറ്റ് ജീവികളുടെ വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഒരു മാതാവിന്റെ അണ്ടത്തിൽ സമ്പ്രദങ്ങളായിരിക്കുന്ന വൈകാരിക തന്തുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏറ്റുവാങ്ങി ഒരുവൻ ഈ ഭൂമിയിൽ അവൻ ഒരുവൻ മതിയാകും കുടുംബത്തെ രാഷ്ട്രത്തെ സമൂഹത്തെ വ്യക്തിയെ ഒക്കെ ദുഃഖിപ്പിക്കാൻ ഭൂമിയിൽ സന്താനത്തെ കൊടുത്ത് ഈ ഭൂമിക്ക് പാരയാക്കി വെച്ചുപോയ അവളെ ലോകം മരിക്കുന്നുണ്ടാവും മനസിലായില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങക്ക് പിടിക്കുക എന്നറിയില്ല ഇതൊരു യാദൃച്ഛികതയായ അല്ല എടുക്കുന്നത് വൈദ്യശാസ്ത്രം തൻ്റെ കുഞ്ഞ് എത്ര വാക്കുരുവിടണമെന്നും ഏതു വാക്കുകൾ പറയണമെന്നും എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഇടപെടണമെന്നുമുള്ളത് അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് അവൻ്റെ നാട്ടുകാരിൽ നിന്ന് അവൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നല്ല ആന്തരികമായി രൂപാന്തരപ്പെടുന്നത് അവനെ ജനിപ്പിച്ച അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അതുകൊണ്ട് അപ്പോഴേ ആളുകൾ പറയും എടാ മോനെ തന്തയ്ക്ക് പേര് ഏൽപ്പിക്കരുത് നിന്റെ പ തള്ളക്ക് പേരുദോഷം വരുത്തി വെക്കരുത് ഇതൊന്നും കേട്ടിട്ടില്ല ധാരാളം കേട്ടിട്ടുണ്ട് നന്നായിട്ടില്ല ആ വഴിയെ നടന്നു പോകുമ്പോൾ ആ നടപ്പിലെ പദവിന്യാസത്തിൽ പോലും ആ പാരമ്പര്യത്തിന്റെ ജാഹവി ഒഴുകുന്നുണ്ടാവും അതിനറിവെന്ന് പറയുന്നത് സുഹൃതക്ഷയം സുഹൃദക്ഷയം എന്നൊക്കെ വീട്ടിലെ പ്രായമായവർ തലയിൽ തല്ലി വിലപിക്കുന്ന രംഗങ്ങളുണ്ട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ശാസ്ത്രത്തിന്റെ മേതുരദീർഘങ്ങളും സന്ത സംപ്രാപ്ത സന്ധികളെ പ്രധാനം ചെയ്യുന്നവയുമായ ലോകങ്ങളിലൂടെ എല്ലാം മാനവൻ തേരോടിച്ച് കടന്നുപോയ ഈ യുഗങ്ങളിൽ അവന്റെ ശാസ്ത്രതന്ധികൾക്ക് വർണം പകരുന്ന ഈ നൂറ്റാണ്ടിൽ അവനെ അത്ഭുതപ്പെടുത്തുന്ന ചാരുത ഇന്നലെയുടെ രാത്രികൾക്ക് സുശ്രുതനും ചരകനും ഒക്കെ സംഭാവനകൾ നൽകിയെങ്കിൽ ആ ഓസ്യത്ത് നശിപ്പിച്ചൊരു തലമുറ ഇന്ന് ദുഃഖിക്കുന്നതിൽ അത്ഭുതത്തിന് അതുകൊണ്ടാണ് നോക്കേണ്ടത് അവിടെ ആ ബീജഭാഗ അവയവം ആധുനികൻ പഠിച്ച സ്വമും ക്രോമസ്വമും ജീനും ഒക്കെ പൗരാണികൻ്റെ കരതലങ്ങളിൽ എങ്ങനെ ചാരുതയോടെ നിന്നു വന്നു ഇപ്പതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ശരകവും സുശ്രുതവും ഒക്കെ എടുത്ത് അതിലെ സംസ്കൃത ശബ്ദങ്ങളിൽ നോക്കിയാൽ ബീജം ബീജഭാഗം ബീജഭാഗ അവയവം ഒക്കെ കാണാം അതുണർത്തുന്ന ഭാവപരിഭാഗമൊന്നും ആധുനികന്റെ പടി ഉണർത്തുകയുമില്ല മനസ്സിലാകാത്തത് കൊണ്ടുള്ള മനസ്സിലായി പോയ വ്യർത്ഥദുഃഖങ്ങളോർത്തുള്ള ഇരുപ്പോ ആദിബലം കോജസ് തേജസ് ഇവയുടെ ഒക്കെ സംപ്രാപ്തമായ തലം മാതൃജവും പിതൃജവുമാണ് ബിഷക്കരനും നാട്ടുകാരും ഒന്നും വേണ്ട കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആധാരമായ ആ ബീജാണ്ടങ്ങൾ സംയോജിച്ചു കഴിഞ്ഞാൽ ആ കോശങ്ങൾ വളരാനുള്ള മീഡിയം സംജാതമായി കഴിഞ്ഞാൽ അതിനെ ആവരണം ചെയ്യുന്ന കല ആവരണം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തും നൈസർഗികമായി സംഭവിക്കുന്ന ആ വീഡിയത്തിനുള്ളിൽ ആ ജലസ്രോതത്തിനുള്ളിൽ ആ ആൽക്കഹോളിനുള്ളിൽ നീന്തി തുടിച്ചു പാലാഴിയിൽ കിടക്കുന്നത് പോലെ ആ ബീജം ഏകഘോഷമായി സ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് പരിണമിച്ചു വന്ന് അല്ലെങ്കിൽ പ്രകടമാവുകയസ് അടുത്തുവരെ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോ നീ ഇതിലെ കളിച്ചുകൊണ്ട് നടന്നൊരു കൊച്ചായിരുന്നല്ലോടി നീങ്ങിപ്പം വാഴ പോലും വളർന്നല്ലോടി അത് ചോദിക്കും ചെറുത് കരുതില്ല കേട്ടില്ല ഏ വന്ന ചിലപ്പോ വീട്ടുകാരോട് പറയുകയും ചെയ്യും ഇവിടെ കാര്യമൊക്കെ ഒന്നും ആലോചിക്കണ്ട ഇത് ഇങ്ങനെയൊന്നും കേരളില്ല ഇങ്ങനൊന്നും നിങ്ങളുടെ നാട്ടിൽ നിന്നൊന്നുമില്ലെന്നോ ഇത് എന്റെ നാട്ടിൻ വെറുതെ ഉള്ളൊന്നും അപ്പൊ പറയുമ്പോ അവിടെ ആ കോശങ്ങൾ വർധിക്കുകയാണ് അതിലാ സെൽ ഡബിളിങ് പ്രോസസ്സും മറ്റും പഠിച്ചു നോക്കണം വളരെ ഗംഭീരമാണ് ഇരുപതര ഫിഫ്റ്റി പ്ലസ് ഓർ മൈനസ് ടെൻ ആണ് പെട്ടെന്ന് അടിച്ചു ഒരു കോശം ഒരു സ്റ്റെംസെൽ വേറൊരു സ്റ്റെം സെല്ലിലും ഒരു എൻ സെല്ലിലുമായി രൂപാന്തരപ്പെടും വീണ്ടും ആ സ്റ്റെം സെൽ വീണ്ടും രണ്ടാവും അരത്തമെറ്റിക് പ്രൊഗ്രേഷൻ അരത്തമെറ്റിക് സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഇതിലെ മാത്തമെറ്റിക്സ് വരുമ്പം വൈദ്യം പഠിക്കുന്നവന് മാത്തമെറ്റിക്സ് ഇല്ലാത്തത് അവൻ ഇതൊക്കെ പഠിക്കാതെന്ന് വിടും തൽക്കാലം കാണാൻ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതും അതോടെ അതിനോട് പിന്നെ അവൻ്റെ തലയിൽ ഇത് ഉണ്ടാവില്ല അതിനിപ്പോ എന്ത് ചെയ്യാനാ മനസ്സിലായില്ല മാത്തമറ്റിക്സുകാരൻ്റെ ജീവശാസ്ത്രം അല്പമെങ്കിലും അറിയണം എന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവൻ മാത്തമെറ്റിക്സിൽ മാത്രം ശ്രദ്ധ വെക്കുമ്പോൾ അവൻ വിടും മനസ്സിലായില്ല ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ്റെ ലോകങ്ങളിലൂടെ പോയി യാതൊരു വിവരവും ഇല്ലാത്തവർ സയൻസിന്റെ മേതുരദീർഘങ്ങളായ രംഗവേദികളിൽ കയറി ഞാനാണ് എല്ലാത്തിലും മേലെയെന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയതോടുകൂടി ശാസ്ത്രവും ശാസ്ത്ര സത്യങ്ങളും നഷ്ടപ്പെടുകയും കോശവിഭജന പ്രക്രിയ സെൽ ഡബിളിംഗ് പ്രോസസ് അതിങ്ങനെ ക്രമമായി വികസിക്കുന്നത് മുഴുവൻ നമുക്ക് ക്യാൻസറിൽ വേണം അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് പിന്നെ പറയാ ഫൈനൈറ്റ് സെൽ ഡബിളിങ് കപ്പാസിറ്റി എഫ് സി ഡി സി അതിൽ ചില സെല്ലുകളുടെ പഠനങ്ങളൊക്കെ കൂടുതലാണ് പ്രത്യേകിച്ചും സെൻസോറിയം ന്യൂറോഡിയം മോട്ടോറിയം ഇവയുടെ ഒക്കെ കോംപ്ലക്സ് തലച്ചോറിലൊക്കെ എന്തെല്ലാം സങ്കേതങ്ങളും സങ്കീർണ്ണതകളും ഒക്കെയാണ് ഓരോ ശബ്ദത്തിലും ഭാവത്തിലുമൊക്കെ വരുന്നത് അതൊക്കെ എങ്ങനെയാണ് സുശ്രുതനും ചരകനുമൊക്കെ ആവാഹിച്ചറിഞ്ഞ് അഹിംസയ്ക്ക് അസ്ഥേയത്തിന് ഒക്കെ പ്രാധാന്യം കൊടുത്തത് ചികിത്സയിലെ പഥ്യത്തിൽ ഹിംസ സ്നേഹം അന്യതാകാമം പൈശുനം പരുഷം അനുധം സമ്പിന്നാലാഭം വ്യാപാരം അവിദ്യ വിപര്യം നമ്മൾ നേരത്തെ എടുത്തതാ നിത്യരസായനമൊക്കെ എടുത്തതാ നിത്യാന് നിത്യരസായനം എന്നും കഴിക്കേണ്ട രസായനം ഓർമ്മയില്ല ഏർ വളരെ എടുത്താ അതൊക്കെ ആലോചിച്ചു കാരണം ഒരു ന്യൂറോണിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു ഹിംസ ഒരു സ്ഥേയം ഒരു അന്യഥാകാമം ഇതൊക്കെ അവർക്കറിയാം ഇതിൻ്റെ മുഴുവൻ ആവിർഭാവ സ്രോതസ്സുകൾ കിടക്കുന്നത് മാതൃബീജത്തിലും പിതൃബീജത്തിലുമാണെങ്കിൽ ആദിബലപ്രവൃത്തമായ അതാണ് ഫണ്ടമെന്റൽ ഇമ്മ്യൂണിറ്റി മൗലികബല മൗലിക ഓജസ് അതിനുള്ള കടം തീരാതിരിക്കുന്നതുകൊണ്ടാണ് കാരണം എത്ര തീർത്താലും തീർത്താത്തൊരു കടമാണ് മാതാവിലൂടെയും പിതാവിലൂടെയും ഈ പ്രപഞ്ചത്തെ സുന്ദരമായി സുഖമായി നോക്കിക്കാണാൻ സകല ഇന്ദ്രിയങ്ങളും ഉത്കോഷിതങ്ങളായി സകല അങ്കുകളും ആവാഹിച്ച് മസ്തിഷ്കത്തിലേക്ക് വരുമാറായി ഒരുവൻ പൂർണ്ണാരോഗ്യവാനായി സമസ്ത പ്രകൃതിയെയും ആസ്വദിക്കാൻ ഭാഗത്തിന് ഭൂമിയിൽ ജീവിക്കാൻ ഇടയാകുന്നത് അങ്ങനൊരു ജീവിതം തന്നെ അമ്മ അങ്ങനൊരു ജീവിതം തന്നെ അച്ഛൻ അവരെക്കാൾ ഭാഗ്യവാൻ അവരെക്കാൾ ഉന്നത അവരെക്കാൾ വലിപ്പമുള്ളവർ ആരുണ്ട് ഈ ജഗത്തിൽ എന്നൊരു മകൻ ചിന്തിച്ചു പോകുന്നത് അവിടെയാണ് അവന്റെ കടമയുടെയും കടപ്പാടിൻ്റെയും ലോകങ്ങൾ അവിടെയാണ് സജീവങ്ങളായ നേത്രങ്ങളും സജീവങ്ങളായ കാണങ്ങളും സജീവങ്ങളായ ചേതനനും ഈ പ്രപഞ്ചത്തെ ആവോളം ആസ്വദിക്കുവാൻ തന്നിട്ട് ആ പാരമ്പര്യ ജഗത്തിൽ അത് അനുഭവവേന്യമാക്കാതെ അത് അടിച്ചുടച്ച് കളയുന്ന നീചനെ ശാസ്ത്രങ്ങൾ ഇന്നലെ തള്ളിയിരുന്നു മനസ്സിലായില്ല ഇതൊക്കെയാണ് പഠിക്കേണ്ടത് അവിടെ ആദിബല പ്രവൃത്തം മാതൃജം പിതൃജം ജന്മബല പ്രവൃത്തം രസജം ദൗഹദം ദൗഹദം ദൗഹദം ദൗഹദം ദോഹദം ദൗഹൃദം ജന്മബല പ്രവൃത്തത്തിൽ ആദ്യം ആദിബലപ്രവർത്തനം രണ്ടാമത് ജന്മബലപ്രവർത്തനം ജന്മബലപ്രവർത്തത്തിന് രണ്ട് പാത ഒന്ന് രസജം എന്ന് പറഞ്ഞാൽ അന്നരസാദികളിലൂടെ ജനിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്ന അന്നവും രസവും ഒക്കെ അമ്മ ഗർഭാശയത്തിൽ കുഞ്ഞു കിടക്കുമ്പോൾ കഴിച്ച അന്നവും രസവും ഒക്കെ ഔഷധവും ഒക്കെ രമയം ആശുപത്രിയിൽ പോയി ഡോക്ടർ നോക്കി ഡോക്ടർ മരുന്ന് കുടിച്ചു കൊടുത്തു എന്തോ ഒരു രോഗത്തിന് ട്രെട്രാ സൈക്കിളി അമ്മ കഴിച്ചു ജനിച്ചു വന്ന കുഞ്ഞിന്റെ എല്ലിന് ബലം കുറഞ്ഞു ജനിച്ചു വന്ന കുഞ്ഞിന്റെ പല്ലൊക്കെ പല്ലു വെച്ചപ്പോൾ മഞ്ഞ നിറത്തിലായി എല്ലിന് മഞ്ഞ നിറായി മനസ്സിലായില്ല മതി ഒരുപാടൊന്നും വേണ്ട അത് അത് തരാം എല്ലിനെ ബാധിക്കുന്നവർ എല്ലിനെയും പല്ലിനെയും ബാധിക്കുന്നവർ അത്ര ഗർഭസ്ഥ ശിശുവിന്റെ വളരാൻ പോകുന്ന പല്ലില് ആ എല്ലില് വരെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഔഷധങ്ങളാ പലതും അപ്പൊ കഴിക്കുന്നതിന് മുമ്പ് തന്തയ്ക്കും തള്ളയ്ക്കും വിവരം ഉണ്ടാകണം കുറിച്ചിരുന്നവന് വിവരം ഉണ്ടായാൽ പോരാ മനസ്സിലായില്ല മേടിച്ചങ്ങ് കഴിച്ചാ പോരാ ചില ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ എടുത്തു കഴിഞ്ഞ് രണ്ടു വയസ്സാവുമ്പോ കുഞ്ഞു എവിടെയെങ്കിലും ഇരുന്നാൽ എല് തന്നെ പൊട്ടുകാണോ മരുന്നിന്റെ ആ പണ്ട് കാലത്തില്ല ലോകം അതിനൊരു പാരമ്പര്യത്തിനത്തു പുതുതായി ഔഷധത്തിലൂടെ കടന്ന് ബോധസീമയെ ഉല്ലംഘിച്ചു കിടന്നാൽ ആ പാരമ്പര്യത്തിന്റെ കലകളിൽ ഇത് വരും ആദിബല പ്രവൃത്ത ആധ്യാത്മികത്തിലെ ആധ്യാത്മികത്തിലെ ആദിബലപ്രവൃത്തം കഴിഞ്ഞ് ജന്മബല പ്രവൃത്തമായ ഘട്ടത്തില് ജന്മബലപ്രവൃത്തത്തില് രസജത്തിൽപ്പെടുന്നതാണ് കളമലിക്കുക ദുഃഖങ്ങൾ മൂന്ന് നമ്പർ വൺ ആധ്യാത്മികം നമ്പർ ടു ആദി നമ്പർ ത്രീ ആദി ദൈവികം അതിനെ സ്പ്ലിറ്റ് ചെയ്യുക നമ്പർ വൺ ആദിബല പ്രവൃത്തം നമ്പർ ടു ജന്മബല പ്രവൃത്തം നമ്പർ ത്രീ ദോഷബലപ്രവൃത്തം ആധ്യാത്മിക ദുഃഖങ്ങൾക്ക് മൂന്ന് തലങ്ങളാണ് ആദിബലപ്രവൃത്തം ജന്മബലപ്രവൃത്തം ദോഷബലപ്രവൃത്തം അതിലെ ആദിബലപ്രവൃത്തത്തിലെ രണ്ടെണ്ണമാണ് മാതൃജം പിതൃജം ദോ രണ്ടെണ്ണമാണ് രസജം ദൗഹദാ അപചാരജം